rishu ki kisini rishu karam sankirtana ravi shanti rishu ki namami namaste rishu വേദം അനുച് ആചാര്യോ അന്തേവാസന മനുശാസ്തി ധ്യയാഹൃത്യ പ്രജ വിവക്ഷം കുശലന്ന ൂത്ത് പ്രമദിതം സ്വാധ്യവചനം പ്രമദിതയും ദൃകാരം നമദിതൃം മാത്രോഭവൃദോ ആചാര്യോ അതിഥി കർമ്മി താ സേവിതാ നോ ഇതരാസ്മാകാ സുചരിത ഉപയാതരാബ്രാഹ്മണന പ്രശ്വസിത േയം ശ്രിംദേശിന് ണർ യുക്തക്തൂധർമ്മക്കാമാ്യു <sesi> തധാ വർധാഹ ആശോ ഉപദേശാവേോപനിഷദ്സനം ഇമുവാസിതൃം യു ചേ ർമാണി താവിതരാ കത്തേ അസ്കാചരിത ശോഭനചരിതവിരുദ്ധാ തന്നെ ത്രയാ ഉപാസയാത്തികളെ നീ പിന്തുടരണം സത്രിവൃത്തികളെ മാത്രം അസ്മാകം ആചാര്യണം സുചരിതാനി െ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ എന്നിവിടെ പറയും സുചരിതങ്ങൾ ശോഭനചരിതാനി ശോഭനചരിതങ്ങൾ ആചരണങ്ങൾ നല്ല പ്രവൃത്തികൾ എങ്ങനെയാണ് നല്ല പ്രവൃത്തികൾ അമ്നായാദി അവിരുദ്ധാനി വേദത്തിനും വിരോധം വരാത്തതുണ്ട് ശിഷ്ട ആചാരത്തെ എങ്ങനെ തിരിച്ചറിയും ഒരാൾ ചെയ്യുന്ന ആചാരം ശിഷ്ടം ആണോ ദുഷ്ടമാണോ എന്നെങ്ങനെ അറിയും അതിന് വേദമായി നോക്കുക ഒത്തുനോക്കുക അത് വേദവിധികൾക്കനുസരിച്ചാണോ എങ്കിൽ അത് ശിഷ്ടം തന്നെ വേദവിരുദ്ധമാണെങ്കിൽ അത് അശിഷ്ടം എന്ന് പറയുന്നു ആമനായാലി അവിരുദ്ധാനി അല്ലാതെ ശിഷ്ടനിയും ദുഷ്ടനും തിരിച്ചറിയാൻ പ്രയാസവും സ്വന്തം ബുദ്ധിയുണ്ട് പലപ്പോഴും അറിയത്തില്ല വേദവിരുദ്ധമായി വന്നാൽ അത് ദുഷ്ടം വേദത്തിനനുകൂലമായി വന്നാൽ അത് സിഷ്ടം അപ്പോൾ ആചാര്യന്റെ പ്രവൃത്തി ആയാലും ശരി പറയുന്നതാണ് ആചാര്യൻ്റെ അസ്മാകം ആചാര്യമാണ താൻ ചെയ്യ ഉപാസ്യാനി വേദ അനുകൂലമായിട്ടുള്ളത് േദവുമായി ഒത്തുപോകുന്ന ആചരണങ്ങളെ മാത്രം നീ സ്വീകരിച്ചാൽ മതി അധിഷ്ഠാർത്ഥാനി അനുഷ്ഠയാനി ഇവിടെ പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് മുഖ്യമായിട്ടും അതുകൂടാതെ ഈ പറയുന്ന സത്യം തൊക്കസ് തുടങ്ങിയ കാര്യങ്ങൾ അധിഷ്ഠാർത്ഥാനി അനുഷ്ഠയാനി ഈ കർമ്മങ്ങളെല്ലാം അധിഷ്ഠ പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് കർമ്മം ചെയ്യുന്നു ഫലം പ്രതീക്ഷിക്കേണ്ടി വരും ഇവിടെ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ കണ്ടെത്താൻ കൃഷി ചെയ്യുന്നത് പോലെ അല്ല കൃഷി ചെയ്താൽ ഇവിടെ എന്താണോ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധത്തെ അറിയാം അവിടെ ശിഷ്ടാചാരം നോക്കേണ്ട കാര്യമില്ല വ്യവഹാര സാമർഥ്യം കൊണ്ട് അത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ചല്ല പറയും അധിഷ്ഠാർത്ഥം അധിഷ്ഠമായ ഫലത്തിന് വേണ്ടി ചെയ്യുന്ന വൈദികമായ കർമ്മങ്ങൾ അത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശിഷ്ടാചാരത്തെ പിന്തുടരണം ശിഷ്ടാചാരത്തെങ്ങനെതിരിച്ചെറിയും വേദം അധ്യയനം ചെയ്യുന്നവനാണ് താൻ പഠിച്ചതുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ടെന്ന് നോക്കണം എന്നാലേ അത് കർത്തവ്യാണ് അത് നിയമപൂർവം ചെയ്യണം അതിന് വീഴ്ച വരുത്തരുത് ഇനോ ഇതരാണ് വിപരീതാനി ആചാര്യകൃതാന്യപി ഇതര കർമ്മങ്ങൾ വിപരീതമായ കർമ്മങ്ങൾ ഇനി ആചാര്യം ചെയ്താലും ശരി അതിനെ പിന്തുടരരുത് എന്നറിയാം അതങ്ങനെ ആചാര്യൻ വിപരീതകർമ്മം ചെയ്യുമോ പ്രമാദം സംഭവിക്കാം എന്നാർക്കും സംഭവിക്കും ആചാര്യനാണ് പ്രമാദം ഒന്നും സംഭവിക്കില്ല എന്നൊന്നും കരുതല്ല അതുകൊണ്ടാണ് പറയുന്നത് ആചാര്യഗതാൻ സാധാരണഗതിയിൽ സംഭവിക്കാറില്ല പക്ഷെ പ്രമാദം കൊണ്ട് ആചാര്യനിൽ സംഭവിച്ചാലും എന്തെങ്കിലും ആചരണത്തിൽ ന്യൂനതകൾ വന്നാലും പ്രമാദം കൊണ്ട് സംഭവിക്കുന്ന മനപൂർവ്വം ചെയ്യുന്നതല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അനുകരിച്ചു കളയരുത് എന്നാണ് അതിനെ അനുകരിച്ചു കഴിഞ്ഞാൽ അത് ശിഷ്ടാചാരത്തിന്റെ അനുകരണമാകത്തില്ല അതുകൊണ്ട് കർമ്മങ്ങളെ വേദത്തിന്റെ നമനായത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കും വേദ അധ്യയനം ചെയ്ത് മീമാംസയ്ക്ക് ശേഷമാണ് ഗൃഹത്തിൽ മടങ്ങിപ്പോയി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു വൈദികമായ ജ്ഞാനം ഇവിടെ ശിഷ്യന് വീണ്ടും എണ്ണമുണ്ട് അപ്പം അത് പരിശോധിക്കുന്നതിന് ശേഷിയുണ്ട് അല്ലാത്തവനത് പറ്റത്തില്ല ആചാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നതിന് സാധാരണക്കാരന് സാധ്യമല്ല പക്ഷെ ഇവിടുത്തെ ശിഷ്യൻ അതിനും പ്രാപ്തനാണ് അതുകൊണ്ട് വിപരീതാനി ആചാര്യകൃതാനി അഭി എന്തെങ്കിലും ആചാര്യന്റെ ആചരണത്തിൽ പ്രമാദം കൊണ്ട് ന്യൂനതകൾ സംഭവിച്ചു അതെങ്ങനെ വരുന്ന ന്യൂനതകളാണ് പറയുന്നത് ആചാര്യനാണ് കർമ്മം ചെയ്യുന്നത് കർമ്മങ്ങളുടെ വിധിയെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ വിസ്മരണം സംഭവിക്കാം അവസ്ഥ വിശേഷം കൊണ്ടുവരാം പ്രായാധിക്യം കൊണ്ടുവരാം താൻ പഠിച്ച കാര്യങ്ങൾ പഴയകാലത്ത് ചെയ്ത പോലെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ മുമ്പുള്ളതുപോലെ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല അപ്പോൾ അത്തരം അതാണ് ഇവിടെ പറയുന്നത് വിപരീത കർമ്മങ്ങൾ അങ്ങനെ വിസ്മരണം പോലെയുള്ള അത് സ്വാഭാവികമായി വന്നുചേരുന്ന ഈ ചിത്തദോഷങ്ങൾ കൊണ്ട് കർമ്മത്തിൽ ന്യൂനതകൾ വരാം അപ്പോൾ വൈദികമായ കർമ്മങ്ങൾ അത് പൂർണ്ണമായും അനുഷ്ഠിക്കേണ്ടതാണ് എന്നാല് പൂർണമായും അപൂർവം ഉണ്ടായി പൂർണമായ ഫലത്തെ കൊടുക്കും ന്യൂനതകൾ ഒരു തരത്തിലും വരാൻ പാടില്ല ആചാര്യൻ ചെയ്താൽ ശരി കുടക്രിയാഹീനം മന്ത്രഹീനം എന്നൊന്നും പറഞ്ഞ് അതുകൊണ്ട് അത് ആചാര്യങ്ങനെ എന്തെങ്കിലും വിസ്മൃതി പോലെയുള്ള ചിത്തദോഷങ്ങൾ കൊണ്ട് പ്രമാദം സംഭവിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അതുപോലെ ചെയ്തു ശ്രേഷ്ഠന്മാരാണെന്ന് കരുതുന്നവരെ ആ അനുകരിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അവരെ കുറിച്ചാണ് താൻ ശ്രേഷ്ഠനെ ധരിക്കുന്നത് അതിനനുകചാര്യനെ അന്ധമായി അനുകരിച്ച് കളയരുത് ചിലപ്പോൾ ആചാര്യനും ഇങ്ങനെയുള്ള പ്രമാദങ്ങൾ കൊണ്ട് ദോഷങ്ങൾ വരാം അത് ചെയ്യരുത് മറിച്ച് എപ്പോഴും വേദത്തെ തന്നെ ശരണം പ്രാപിക്കുക വേദത്തിനനുസരിച്ച് ധർമാധർമ്മങ്ങളെ നിശ്ചയിക്കുക അതിൽ പ്രമാദമില്ല വേദത്തിൽ പ്രമാദമില്ല തുയ ഉപാസ്യാനി താനി തുയ ഉപാസ്യാനി അതിനെ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ആ ധർമ്മ അനുഷ്ഠാനത്തെ ശിഷ്യനെ ബോധിപ്പിക്കുകയാണ് ൊ ഇതരാണി മറ്റുള്ളതൊന്നും ചെയ്യരുത് ശ്രേയാംസോ ബ്രാഹ്മണ വിശേഷിത ആചാര്യ ശ്രേയാംസരാവിടെ നിന്ന് പോവുകയാണ് ഗുരുകുലത്തിൽ നിന്നും ആചാര്യന്റെ അടുത്ത് നിന്ന് പഠിച്ചുകൂട്ടിപ്പോകുന്നു പുറത്തുപോയി സ്വാധ്യായ പ്രവചനങ്ങൾ ചെയ്യുന്നു ധർമ്മമനുഷ്ഠിക്കുന്നു അപ്പം അങ്ങനെ മറ്റ് ആചാര്യന്മാരെയും കാണാം ലോകത്തൊരാചാര്യൻ മാത്രമല്ല അനേകാചാര്യന്മാരുണ്ട് അനേക ഗുരുകുലങ്ങളുണ്ട് അവിടെ പറയുന്നു അസ്മത്വ ശ്രേയാംസഹ എന്നെക്കാളും പ്രശസ്തരായ ആചാര്യന്മാർ ഈ ലോകത്തിലുണ്ട് ഉണ്ടാകും അപ്പോൾ അങ്ങനെ ധരിച്ചത് ഞാനാണ് അവസാനത്തെ ആൾ എന്നും ധരിച്ചത് ലോകത്തിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആചാര്യന്മാരെപ്പോഴും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെയൊക്കെ നീ കണ്ടുട്ടും ആചാര്യത്വാദി ധർമ്മേഹി ആചാര്യത്വം തുടങ്ങിയ ധർമ്മങ്ങളോടുകൂടി ആചരണത്തിൽ മറ്റും വളരെ പൂർണ്ണതയുള്ളവർ ധാരാളം പേര് ഉണ്ടാകും അവരെല്ലാം കണ്ടുകഴിഞ്ഞാൽ പ്രശസ്തി തരാഹ എന്നു വെച്ചാൽ എന്നെക്കാളും പ്രശസ്തരായവരുന്നത് ഇവരുടെ ഗുരു വളരെ വിശാലമായിട്ടാണ് ചിന്തിക്കുന്നത് താൻ മാത്രമേ ഉള്ള ഗുരുവായി ഇനി ലോകത്തിൽ രണ്ടാമതൊരാളില്ല താൻ അവസാനത്തെ പ്രവാചകനാണെന്നും പറയുന്നില്ല ലോകത്തിനിയും ധാരാളം പ്രവാചകന്മാരുണ്ടായിരിക്കും അവരെയൊക്കെ നീ കണ്ടുമുട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാലോ ദേശാന്ത്വ ആസനേന പ്രശസ്ത അവരെയെല്ലാം നീ ബഹുമാനിക്കണം മറ്റാചാര്യന്മാരെ ഓ ഇയാൾ എന്റെ ആചാര്യനോടൊന്നും തരഞ്ഞപ്പെടുത്താനില്ല ഇയാൾ അത്പജ്ഞനാണ് എന്ന് കരുതി മഹാത്മാക്കളെ നിന്ദിക്കരുത് തന്റെ ആചാര്യനോട് അങ്ങേറ്റത്ത് ആദരവ് ബഹുമാനം പുലർത്താം പക്ഷെ അതിന്റെ പേരിൽ മറ്റൊരാളെ നിന്ദിക്കാനും നിനക്ക് അവകാശമില്ല മറിച്ചല്ല അവരെ പൂജിക്കണം എന്ന് പറയുന്നത് അസ്മത്വ ശ്രേയാംസ്വ ബ്രാഹ്മണാഹ എന്നെക്കാളും ശ്രേഷ്ഠരായ ബ്രാഹ്മണർ ഇനകത്തുണ്ടാവും ആചാര്യന്മാരുണ്ടാവും ദേശാന്ത്വ ആസനേന പ്രശ്നം അവരെ നീ ആദരിക്കണം ആസനേന അവർക്ക് ഇരിപ്പിടം നൽകുക അവർക്ക് വേണ്ട സേവങ്ങൾ ചെയ്യുക എന്നാണ് അത് തൻ്റെ ഗുരുവായി കണക്കാക്കിയിട്ടുമല്ല തൻ്റെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കണക്കാക്കണം മറ്റുള്ളവരെ ആദരിക്കണം എന്ന് പറയും ഈ പറയുന്നത് ശ്രദ്ധിക്കണം സ്വന്തം ഗുരുവിനെ ആദരിക്കണമെന്നവനോടാണ് പറയുന്നത് സ്വന്തം ഗുരുവിനെ പോലും ആദരിക്കാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പിന്നെ മറ്റുള്ളവനെങ്ങനെ ആദരിക്കും സ്വന്തം ഗുരുവിനെ ആദരിക്കുന്നവന് മറ്റു ഗുരുക്കന്മാരെ നിന്ദിക്കാനും കഴിയത്തില്ല അതുകൊണ്ട് പറയുന്നു ബ്രാഹ്മണര പൂജിക്കണം പലരിടത്തും പറയാറുള്ളതാണ് പുരാണങ്ങളിലും എന്നായിടത്തും അതിവിടെ പൃഥ്വി ആചാര്യം പറയുന്നു അസ്മത് ശ്രേയാംസ് എന്നെക്കാളും ശ്രേഷ്ഠരായവർ മഹാത്മാക്കളെ ആദരിക്കണം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ഇവിടെ ഭാഷകാരൻ ഒരു പ്രയോഗം നടത്തി എന്താണ് ക്ഷത്രിയാദയഹ ക്ഷത്രിയന്മാരെ മറ്റും ബഹുമാനിക്കരുത് വായിച്ചിട്ട് കണ്ണടച്ചത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല മുമ്പേ മുന്നറിയിപ്പ് കിട്ടി സമയം വളരെ കണ്ട്രോൾ ആയിരിക്കണം ആത്മസംയമനം പാലിക്കണം എന്നൊരു കുഴപ്പമുള്ള സന്ദർഭമാണ് വരാൻ പോകുന്നത് ക്ഷത്രിയദികളെ ബഹുമാനിക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പോ അങ്ങനെ അതെ വിടാൻ പറ്റത്തില്ല നമ്മള് അങ്ങനെ ആരും കരുതിരും ഞാൻ ശങ്കരാചാര്യരെ വിമർശിക്കുകയാണ് ശങ്കരാചാര്യെ വിമർശിക്കുകയല്ല ശങ്കരാചാര്യർ ചെയ്ത് അതേ കാര്യം ചെയ്യുന്നു എന്നാണ് ശങ്കരാചാര്യൻ എന്താ ജൈമിനി വ്യാസൻ ഗൗതമൻ തുടങ്ങി ഋഷിമാര് പറഞ്ഞത് അത് ശരിയല്ല എന്ന് തോന്നി എന്നെ വിമർശിച്ചു അതവരോടുള്ള അവരവഹേളിക്കുന്ന അവരോടുള്ള അനാദരവും വന്നു പക്ഷേ ശരിയല്ല എന്ന് തോന്നിയേനും വിമർശിച്ചിട്ടുണ്ട് എല്ലാവരും പൂർവ്വ യശുമാരൊരൊറ്റ അണ് കപിലൻ തുടങ്ങിയ എല്ലാ ആചാര്യന്മാരെയും ശങ്കരാചാര്യർ വിമർശിച്ചിട്ടുണ്ട് ആചാര്യന്മാരെല്ലാം അവരുടെ ആശയങ്ങൾ സ്വീകാര്യമല്ല എന്ന് തോന്നിയത് അതുപോലെ ശങ്കരാചാര്യർ പറഞ്ഞതിൽ സ്വീകാര്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിമർശിച്ചേ പറ്റും അത് ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു അതിലാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമുണ്ട് പക്ഷെ ക്ഷത്രിയാതയ ക്ഷീയങ്ങളെ ബഹുമാനിക്കരുത് എന്നവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല അതോര് സന്ദർഭമല്ല ക്ഷത്രിയനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യർക്ക് എന്താ നഷ്ടം വരുന്നു എന്തെങ്കിലും ദോഷം വരുന്നു പറയുന്നു ചെറു പറയും ങ്ങനെയല്ല സ്വാമിക്ക് ഇത് മനസ്സിലാകാത്ത കൊണ്ടാണ് കുറച്ചുകൂടി വിവരം വന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് അതുകൊണ്ട് ബ്രാഹ്മണൻ ഗുണകർമ്മങ്ങളുള്ളവൻ അവനെ സദ്ഗുണങ്ങളുള്ളവൻ സത്കർമ്മങ്ങളുള്ളവൻ അവനെ ബഹുമാനിക്കണം ശരി അത്രയും സമ്മതിക്ക ഛത്രിന്റെ കാര്യം വരുമ്പോൾ ഛത്രിനെന്ന് പറഞ്ഞാൽ എന്താ ദുർഗുണമുള്ളവനാണോ ദുഷ്കർമ്മം ചെയ്യുന്നവനാണോ അല്ലല്ലോ എന്താണ് ഗീതയിൽ എന്താ പറയുന്നത് ക്ഷത്ര ക്ഷത്രി ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എൻ്റെ തുടക്കം പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞോളൂ ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലാത്ത ചോദിക്കുന്നു വയസ്സായി വരുമ്പോ ഓർമ്മ കുറയുന്നു ആർക്കും ഓർമ്മയില്ല ഞാൻ തന്നെ ഓർമ്മിക്കേണ്ടി സൗര്യം തേജോ ദരിദ്രദാക്ഷം യുദ്ധേചാപ്യപലായനം ദാനമീശ്വര ഭാവസ്ഥ ക്ഷത്രിയനെ കുറിച്ച് പറയുന്നു എല്ലാ സദ്ഗുണങ്ങളാണ് പറയുന്നത് അവസാനം പറയുന്നത് എന്താണ് ഈശ്വരഭാവ ഈശ്വരഭാവം ഈശ്വരത്വം ഈശ്വരത്വമുള്ളവരാണ് ക്ഷത്രിയൻ അങ്ങനെയുള്ള ഒരാളെ ബഹുമാനിക്കരുതെന്ന് ഏകാശര്യനാണ് പറയാനുള്ള അവകാശമുള്ളത് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പ്രമാണമൊന്നുമില്ല എന്തായാലും ഗീത അതിനും പ്രമാണമല്ല ഈതൻ ക്ഷത്രിയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈശ്വരഭാവമുള്ളവനെന്നാണ് ഈശ്വരഭാവമുള്ളവനെങ്ങനെയാണ് പൂജിക്കരുതെന്ന് പറയുന്നത് ഈശ്വരനെ പൂജിക്കാമെങ്കിൽ ഈശ്വരഭാവമുള്ളവനെ പൂജിക്കുന്നതിൽ എന്താ ദോഷം ബഹുമാനിക്കുന്നതിൽ എന്താ ദോഷം ക്ഷത്രിയൻ രാജർഷി പദവി വരെ എത്തുന്നയാളാണ് ബ്രഹ്മർഷിയെപ്പോലെയാണ് രാജർഷി അങ്ങനെ രാജർഷി പദവി പൂജിക്കരുത് എന്ന് പറയുമ്പോ ഇതെന്താണ് ആവശ്യമില്ലാത്ത കാര്യം ക്ഷത്രിയെന്ന് മാത്രമല്ല പറയുന്നത് ക്ഷത്രിയാദിയാഹ ക്ഷത്രിയൻ പിന്നെ ആദ്യം തുടർന്നു വരുന്ന എന്ന് പറയുമ്പോ ബ്രാഹ്മണൻ ഒഴികെ മറ്റാരും പൂജാർഹനല്ല എന്നാണ് പറയുന്നത് അപ്പോ ഇനി ചണ്ടാളനെ പൂജിക്കാൻ വയ്യ പൂജിക്കരുതെന്ന് പറഞ്ഞാൽ ശരി ചന്ത ചണ്ടാവാളൻ ശുദ്ധിയും വൃത്തിയില്ലാത്തവനാണ് അതുകൊണ്ട് പൂജിക്കല്ലോ എന്ന് വേണമെങ്കിൽ എടുക്കാമോ അതും പൂർണമായും ശരിയല്ല കാരണം കല്ലിനെ കഴുകിയിട്ട് പൂജിക്കുന്നവർക്ക് ചണ്ടാളനെന്താ കുളിപ്പിച്ചിട്ട് പൂജിച്ചാൽ എന്താ ദോഷം വരുന്നു കല്ലിനെക്കാളും എന്തായാലും മോശമുണ്ടല്ലോ അപ്പൊ അങ്ങനെ പറയുന്നത് പോലും ശരിക്കും ശരിയായ അതുകൊണ്ട് നക്ഷത്രീയാലയഹ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ അബദ്ധമാണ് ഇതൊരു നിസാര കാര്യമല്ലേ സ്വാമിജിനെ ഇത്രയും വലുതാക്കണം ഒരു വാക്കൻ്റെ പറഞ്ഞുള്ളൂ നക്ഷത്രീയതയഹ ഇത്രയും റൈസാകേണ്ട കാര്യം എന്തോ എന്നും പക്ഷെ ഇത് വാക്ക് ചെറുതാണെങ്കിലും ഇത് ഉണ്ടായിട്ടുള്ള ദോഷം ചെറുതല്ല ഇതുകൊണ്ട് വന്നിട്ടുള്ള സങ്കുചിതമായ ചിന്ത അത് ചെറുതല്ല ഈ സമൂഹത്തിൽ വന്നിട്ടുള്ള അസമത്വങ്ങൾ ചുതികൾ ന്യൂനതകൾ അതൊക്കെ വളരെ വലുതാണ് ഒരു സമൂഹത്തെ തന്നെ തകർത്ത് കളഞ്ഞൊരു കാര്യമാണ് ഈ ചെറിയ പ്രയോഗങ്ങൾ അത് ലാഘവമായിട്ട് കാണാൻ പറ്റില്ല കശാപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം കഴുത്ത് വെട്ടുക എന്ന് പറയുന്നത് വളരെ ലാഘവമാണ് അല്ല ഒരു പ്രവൃത്തിയോട് സാമ്യം വന്നു കഴിഞ്ഞാൽ ഏത് ക്രൂരമായ പ്രവൃത്തിയും ചെയ്യാൻ പറ്റും വെള്ളരിക്ക മുറിക്കുന്നതുപോലെ കഴുത്ത് കണ്ടിരിക്കും പക്ഷേ ആ പ്രാണി അനുഭവിക്കുന്ന പ്രാണവേദന അത് അതുപോലെയാണ് അത് നിസ്സാരമല്ല കശാപ്പുകാരന്റെ പ്രവൃത്തി നിസ്സാരമാണ് അയാളെ സംബന്ധിച്ച് പക്ഷെ ആ പ്രാണിയെ സംബന്ധിച്ച് അത് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അതിന്റെ പീഡനം അത് വളരെ വലുതാണ് അതിനോടെ താരതമ്യപ്പെടുത്താൻ പറ്റും ശങ്കരാചാര്യം ഞാൻ കശാപ്പുകാരൻ എന്ന് വിളിച്ചതൊന്നുമല്ല എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതി അവസാനിപ്പിക്കുമ്പോൾ ആചാര്യൻ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇത് പശാപ്പുകാരെക്കാളും വലിയ കഷ്ടമാണ് എന്താണോ ഇത്തരം ചിന്താഗതികൾ പ്രചരിപ്പിക്കുക വളർത്തുക സമൂഹത്തിന് അതിന്റെ ദോഷ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരിക അതിനെ ഞാനൊന്നോർത്തന്നേ ഉള്ളൂ ഇനി ഞാൻ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാണ് ഏഷാം ആസനേന ആസനദാനാദിന ആസനദാനം എന്ന് വെച്ചൊരാളെ ബഹുമാനിക്കുക ബഹുമാന്യനായ ഒരാൾ വരുമ്പോ ഇരിപ്പടം കൊടുക്കുക പൂജിക്കുക ത്വ പ്രശ്വസിതൃ പ്രശ്വസനം പ്രശ്വാസ ശ്രമാപന അവരുടെ ശ്രമത്തെ ഇല്ലാതാക്കുക അവരെ വിശ്രമിപ്പിക്കുക അവരെ ശുശ്രൂഷിക്കുക സേവിക്കുക ശ്രമത്വ അഭിനയത്തെ നീ ഇല്ലാതാക്കണം അവരുടെ ശ്രമത്തെ നീ കടയണം അവരെ ബഹുമാനിക്കണം പൂജിക്കണം മറ്റാചാര്യന്മാരുള്ള നിന്റെ മനോഭാവം വളരെ ഉദാത്തമായിരിക്കണം ശ്രേഷ്ഠമായിരിക്കണം എന്നുവെച്ചാൽ അവിടെ ഒന്നും തന്റെ മനസ്സിലൊരാഗദ്വേഷാദികൾ വരുത്തരുത് അങ്ങനെ ഒരർത്ഥം അല്ലെങ്കിൽ ആസനെ ഗോഷ്ടി നിമിത്തേ സമുദ്രതയും പ്രശ്വാസോ നർത്തവ്യത് രണ്ടു തരത്തിലും എടുക്കാം ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് അത് ഈ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം തേഷാംവ ആസനെ ഗോഷ്ഠി നിമിത്തേ സമുദിതേ ഒരു വരുന്നു ഒരാചാര്യം ോഷ്ഠി സഭ ചർച്ച ചെയ്യുന്നിടത്ത് വാദകഥ നടക്കുന്നിടത്ത് ആചാര്യ ശേഷനായി ഒരാചാര്യൻ കടന്നു വരുമ്പോൾ സമുദ്രത്തെ അവിടെ ആ സഭയിൽ അവരെന്താണ് ഉദ്ബോധിപ്പിക്കുന്നത് അത് ശ്വാസം വിടാതെ കേട്ടോടണം എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി അവർ പറയുന്നതിന് ഗ്രഹിച്ചനുസരിക്കണം അതിനൊരു നല്ല വശമുണ്ടെന്താണോ ആചാര്യന്റെ ഉപദേശങ്ങളിൽ ദോഷങ്ങളൊന്നും ആരോപിക്കാതെ സംശയം വരുത്താതെ അതിൽ ഭ്രാന്തി വരാതെ അത്യന്ത ഏകാഗ്രതയോടുകൂടി അതിനെ ഉൾക്കൊള്ളണം അതാണൊരർത്ഥം നല്ല അർത്ഥം അതാണ് ചെയ്ത അർത്ഥവും പറയണമല്ലോ അങ്ങനെ ഒന്നും അത് നല്ലതാണ് ഇനി മറ്റൊരർത്ഥം കൊണ്ട് എന്താണോ നക്ഷത്രീയ അദ്ദേഹ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഭാഗത്തിൽ പോകണം അതിനെ കുറിച്ചൊന്നും വിചാരം ചെയ്യരുത് വിമർശന ബുദ്ധിയോടുകൂടി ഒന്നും സ്വീകരിക്കരുത് ഭഗവാൻ പറഞ്ഞതു അല്ല വിമർശിച്ചത് അശേഷേണ അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിമർശിക്കുക പൂർണമായി വിവേകപൂർവമായി വിമർശിക്കുക നല്ലത് സ്വീകരിക്കുക അങ്ങനെയല്ല എന്തു പറയുന്നോ അതനുസരിച്ചോണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ക്ഷത്രിയനെ പൂജിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും അത് എന്തുകൊണ്ടെന്ന് ചോദിക്കരുത് ക്ഷത്രിയാദികളെ കണ്ടാൽ തന്നെറിയണം ബ്രാഹ്മണനെ കണ്ടാൽ പൂജിക്കണം അങ്ങനെയും എടുക്കാമെന്തുകൊണ്ട് പ്രശ്വാസോ പിന്നെ കർത്തവ്യുക ചോദ്യം ചെയ്യരുത് ശ്വാസം വിടരുത് എന്ത് പറയുന്നതനുസരിച്ചോളൂ കേവലം തതുപ്ത സാരഗ്രാഹണം ഭവതവ്യം നല്ല രീതിയിൽ പറയണമെങ്കിൽ ഇതാണ് എന്താണോ തദുപ്താരഗ്രാഹിണ ആചാര്യൻ പറഞ്ഞതിന്റെ സാരത്തെ ഗ്രഹിക്കുക സാരമുണ്ടെങ്കിൽ ആ സാരത്തെ ഗ്രഹിക്കുക സാരഗ്രഹണം അപ്പൊ ശ്രുതിയിൽ എന്താണ് നമ്മളതിന്റെ സാരത്തെയാണ് ഗ്രഹിക്കേണ്ടത് ഇപ്പൊ ഭാഷ്യകാരൻ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് തന്നെ ആചാര്യം പറയുന്നതിന്റെ സാരത്തെ ഗ്രഹിക്കണം ഇവിടെ എന്താണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ഏ കെ ച അസ്മശ്രേയാംസ്വ ബ്രാഹ്മണാഹ ദേശാന്തുയ ആസനെ പ്രശ്വസിതവ്യം എന്നെക്കാളും ശ്രേഷ്ഠരായ ബ്രാഹ്മണരുണ്ട് അവരെ നീ ബഹുമാനിക്കണം ഇതാണ് ഇതിന്റെ സാരം ഈ സാരത്തെ ഗ്രഹിക്കണം അത് സംശയമില്ലാത്ത കാര്യമാണ് ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുക അത് ബ്രാഹ്മണാഹ എന്ന് പറയുമ്പോൾ എന്താണത് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണവും കർമ്മവും അനുസരിച്ചാണോ ആയിക്കൊള്ളട്ടെ അതിൽ അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല വൈദിക കാലഘട്ടത്തിൽ ഈ വൈദികമായ ധർമ്മങ്ങൾ വേദാധ്യയനം അധ്യാപന യജനയാചനം തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഒരു സമൂഹം തന്നെ ഉണ്ടായിരുന്നു അന്ന് ഇന്നില്ല അപ്പോ ആ സമൂഹം ആ സമൂഹത്തെ പറയാം ബ്രാഹ്മണാഹ അങ്ങനൊരു അവരെ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവരുടെ സത്കർമ്മങ്ങൾ കൊണ്ട് സദ്ഗുണങ്ങൾ കൊണ്ട് ആചാര്യത്വം കൊണ്ട് ആണ് ഇവിടെ പറഞ്ഞ ആചാര്യത്വതി ധർമ്മ ഹി അപ്പൊ അങ്ങനെ വേദനിഷ്ഠമായൊരു സമൂഹം എന്ന് പറയുമ്പോൾ തീർച്ചയായും പൂജ്യരാണ് അപ്പാണ് അതാണ് ഇതിന്റെ സാരം ഈ സാരത്തെയാണ് ഗ്രഹിക്കേണ്ടത് പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു നക്ഷത്രീയ അതെ അത അത് ഇതിന്റെ സാരമല്ല അതിൽ കൂട്ടിച്ചേർത്താണ് അങ്ങനെ വരാൻ പാടില്ല അപ്പോ ഇവിടെ ഭാഷകാലം പറഞ്ഞിരിക്കുന്നതിനെല്ലാം വിപരീതമായി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആചാര്യന് ചിലപ്പോൾ പ്രമാദം കൊണ്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോകും അത് സ്വീകരിക്കരുത് ആര് പറഞ്ഞു ശ്രുതി പറഞ്ഞു ചിലപ്പോൾ സംഭവിക്കാം നേരത്തെ പറഞ്ഞ ആചാര്യ ആചാര്യന് ചിലപ്പോൾ അബദ്ധം പറ്റാം ഇവിടെ ആചാര്യന് ഒരു അബദ്ധം അത് സ്വീകരിക്കരുത് ശ്രുതിയിലെല്ലാത്തിനും സമാധാനമുണ്ട് ഈ ഭാഷ്യമാണ് വ്യാഖ്യാനങ്ങളിലാണ് ഈ കുഴപ്പങ്ങളെല്ലാം വന്നുചേരും ശ്രുതിയിൽ തകരാറൊന്നുമില്ല ആചാര്യന്മാർക്ക് പ്രമാദം വരാം അങ്ങനൊരു പ്രമാദം ഇവിടെ ആചാര്യനും സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു അതിന്റെ സാരത്തെ മാത്രം ധരിച്ചാൽ മതി മറ്റേ നമ്മൾ തൽക്കാലം ക്ഷമിക്കുക വേറെ വഴിയില്ല ഗ്രഹസ്ഥ ധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ട ദാനാദികർമ്മങ്ങളെ കുറിച്ച് പറയുന്നു ദാനം കൊടുക്കുമ്പോ ശ്രദ്ധയോടുകൂടി കൊടുക്കണം കൊടുക്കുന്നതിൽ ശ്രദ്ധ വേണം കൊടുക്കുന്നവന് ശ്രദ്ധ വേണം അശ്രദ്ധയാ അദ്ദേഹം നദാതവ്യം ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായി ഗൗരവമില്ലാതെ പൂജാഭാവമില്ലാതെ വാങ്ങുന്നവനെ നിന്ദിച്ചുകൊണ്ട് കൊടുക്കരുത് അത് ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കണം അതാണ് പറയുന്നതിന്റെ താല്പര്യം ആദരിച്ചുകൊണ്ട് നൽകണം ഇതൊക്കെ നമുക്ക് ലൗകികമായി വിവരച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല നമ്മൾ ചെയ്യാറില്ലെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രീയ വിഭൂത്യ ദയം ദാതമ്യം ഐശ്വര്യത്തോടുകൂടി കൊടുക്കണം എന്നുവെച്ചാൽ ഉദാരമായി സംഭാവന ചെയ്യുക അങ്ങനെ പറയുന്നു വിഭൂത്യ ഐശ്വര്യത്തോടുകൂടി കൊടുക്കുക പിശിക്ക കൊടുക്കരുത് പിടിച്ചു വച്ചിട്ട് കൊടുക്കരുത് നരുകേദസിന്റെ അച്ഛന്റെ ദാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുള്ള അതുപോലെ ആയിരിക്കരുത് ഹ്രിയ ലജ്ജയാ ചയം ഓ ഇതല്ലോ ഞാൻ കൊടുക്കേണ്ടിയിരുന്നു ഇത് പോരല്ലോ അങ്ങനെയൊരു ഭാവം വേണം മനസ്സിലാക മനസ്സിലിരിക്കേണ്ട അല്ലാതെ ഞാൻ എല്ലാം കൊടുക്കുന്നവനാണ് എന്നുള്ള അഭിമാനത്തോടു കൂടിയല്ല എനിക്കെന്തും കൊടുക്കാൻ കഴിയും ഞാൻ ഇത്ര ലക്ഷ സംഭാവന ചെയ്തിട്ടുണ്ട് ആ ഭാവത്തിലല്ല ഇത് കുറഞ്ഞു പോലോ സറിയ ഞാൻ കൊടുക്കുന്നതിന് അശക്തനാണല്ലോ എന്നുള്ള ലജ്ജയോടുകൂടി ശ്രദ്ധേയം ദുരഭിമാനത്തോടു കൂടിയായിരിക്കരുത് ഇതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു എന്നാലേ അവർ നേര ചുമല്ലേ തിരത്തുള്ളുജ്ജയം ഭിയാജ ഭയനധേയം ഭയത്തോടു കൂടി തോന്നണം ഇത് സത്കർമ്മമാണ് ഈ സത്കർമ്മത്തിൽ ന്യൂനതകളൊന്നും വരാൻ പാടില്ല ന്യൂനത വന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷം പാപമുണ്ടാവും അതുകൊണ്ട് ആണ് പറയുന്നത് ഭിയ ഭയേന ധേയം കാരണം ദാനം പുണ്യകർമ്മമാണ് പുണ്യം അത് പൂർണമായിരുന്നു അതിൽ പാപത്തിനൊരവസരം കൊടുക്കരുത് അതിന് ഭയം എന്ന് പറയുന്നത് പുണ്യത്തെ ആഗ്രഹിക്കുന്നവൻ പാപത്തെ ഭയക്കും അത് വരരുത് അപ്പോൾ വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ടെല്ലാം അവൻ ആ കർമ്മത്തെ പൂർണമാക്കണം ആ പൂർണത പൂർണമായ പുണ്യത്തെ നൽകി പാപത്തെ ഒഴിവാക്കണം പാപഭയത്തോടുകൂടി കൊടുക്കണം പറയുന്നു ശ്രദ്ധയാദയം അശ്രദ്ധയാ അധേയം ശ്രീയാദേയം ഹ്രിയാദേ അവിടെയെല്ലാം വിപരീതം മനസ്സിലാക്കുന്നു അശ്രിയ അധേയം അങ്ങനെ അഹ്രിയ അധേയം അഭിയ അധേയം അങ്ങനെ സംവിതം സംവി മിത്രാധികാരി മിത്രാധികാരി എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കുമ്പോൾ ഒരാൾ മൈത്രി തുടങ്ങിയ ഭാവത്തോടുകൂടി കൊടുക്കണം സ്നേഹത്തോടുകൂടി കൊടുക്കണം അല്ലാതെ കൊടുത്തിട്ട് കാര്യം വേണ്ട എത്രമാത്രം ആ മനസ്സിനെ ഉദാത്തമാക്കാമോ അത്രയും ഉദാത്തമായ ഭാവനയോടുകൂടി ശ്രേഷ്ഠമായ ഭാവനയോടുകൂടി കൊടുക്കണം സർവത്ര കേവലം ദാനം എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു സാധനം വെറുതെ കൊടുക്കുന്നതല്ല സർവത്ര ഈ കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു ഗ്രഹസ്ഥനീ മനോഭാവം പുലർത്തണം സദ്ഭാവന സർവത്ര അധൈവം വർത്തമാനസേ കഥാചിത്തെ തവശ്രൗതേ സ്മാർത്തേവ കർമ്മിവൃത്തിയേവ ആചാരലക്ഷണി വിചികിത്സ സംശയ അധൈവം വർത്തമാന സ ഇങ്ങനെ ജീവിക്കുന്നവൻ നീ മുടങ്ങി നിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ വേണം ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുമ്പോൾ ഈ കഥാതി നിനക്ക് സ്രവതേ സ്മാർത്തേവാ കർമ്മണി ആയ കർമ്മങ്ങളിൽ കാരണം ഇവിടെ ഗുരുകുലത്തിലാണെങ്കിൽ നിന്റെ സംശയങ്ങളെല്ലാം പരിഹരിച്ച് തരാൻ ഞാനുണ്ട് പുറത്തുപോയാൽ അവിടെ ആചാര്യനില്ലല്ലോ ഞാനില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കർമ്മത്തിൽ വൃത്തിയവ ആചാരലക്ഷണം ഇനി നിന്റെ ആചാരത്തിൽ ഒന്ന് കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് യജമാനു വേണ്ടി വ്യക്തിക്കായി കർമ്മം ചെയ്യുന്നു ഇനി എന്താണ് താൻ തന്നെ പുലർത്തേണ്ട ആചാരങ്ങളുണ്ട് ജീവിതത്തിൽ വ്യവഹാരത്തിൽ ആ ആചാരത്തിൽ എന്തെങ്കിലും വിചികിത്സ സംശയം വന്നു കഴിഞ്ഞാൽ അത് വരാമല്ലോ പറഞ്ഞുള്ളൂ പ്രമാദമാർക്ക് സംഭവിക്കാം മറവി സംഭവിക്കാം സംശയങ്ങൾ വരാം ഭ്രമം വരാം അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഏ തത്ര ബ്രാഹ്മണ സംവർശിന യുക്ത ആയുക്ത അലുകുക്ഷ ധർമ്മകാമാ സിഹു യഥാത്തെ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേതാ അങ്ങനെ എവിടെയെങ്കിലും നിനക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ശ്രുതി പറയുന്നു നീ എവിടെ ദുരഭിമാനിയായിരുത് അറിയാൻ വയ്യാത്തത് ചെയ്യരുത് ഗ്യൂരോടെ ആൾക്കാരെ കണ്ട് ചോദിക്കുക ഞാൻ മാത്രമല്ല ആചാര്യൻ നിന്റെ പ്രദേശത്തോ അതിൻ്റെ സമീപത്തോ ഒക്കെ കാണും ആചാര്യന്മാർ അവരുടെ അടുത്ത് പോയി ചോദിക്കുക അങ്ങനെ പലരും പറയാറുണ്ട് എനിക്ക് ഒരാചാര്യനുണ്ട് അയാളുടെ ഉപദേശം കേൾക്കുന്നത് ഇനി ഞാൻ മെറദേശം കേൾക്കാൻ തയ്യാറല്ല അവന് എത്ര കൂടിയവനായാലും ശരി അങ്ങനെ പലരും പറയാറുണ്ട് ഒരാളുടെ ഉപദേശം കേട്ടിട്ട് വേറൊരാളുടെ ഉപദേശം കേൾക്കുന്ന എന്തോ ഒരു മഹാപാതകമായിട്ടാണ് കരുതുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കരയ അങ്ങനെ കരുതുന്നത് വെറുതെ ഇല്ല ഒരുക്കൻ ധരിക്കുന്നത് തൻ്റെ ആചാര്യന്റെ ഉപദേശം കേട്ടിട്ട് താൻ വേറൊരു ആചാര്യൻ്റെ ഉപദേശം കേട്ടു കഴിഞ്ഞാൽ എന്തോ തൻ്റെ ആചാര്യന് ന്യൂനതയാണ് തൻ്റെ ആചാര്യം ചെറുതായിപ്പോകും കാരണം അപ്പം മറ്റേ ആൾ വിചാരിക്കുമോ ഇവൻ്റെ ആചാര്യന് എന്തൊരു ഇവനെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിഞ്ഞില്ല ഇവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ മറ്റേ തൻ്റെ ആചാര്യനെ കുറിച്ച് കുറിച്ച് കരുതിപ്പോവും അത് തൻ്റെ ആചാര്യന് ക്ഷീണമാണ് ഇങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ് ഇനി മറ്റൊരാളുടെ ഉപദേശിച്ചു ഞാൻ കേൾക്കാൻ തയ്യാറില്ല അങ്ങനെ അതെന്റെ ആചാര്യൻ ക്ഷീണമാകുന്നു എന്ന് കരുതുന്നു ആചാര്യനോടുള്ള ഭക്തിയാണ് അതിന് ഒരുത്തനങ്ങനെയുള്ള വിവരക്കേടിനും പ്രേരിപ്പിക്കുന്നത് എപ്പോഴും ഈ വിവരം കെട്ട ഭക്തി മനുഷ്യന് വിവരക്കേടുണ്ടാകും ഭക്തിയിലുമുണ്ട് വിവരമുള്ള ഭക്തിയുണ്ട് വിവരമില്ലാത്ത ഭക്തിയുണ്ട് വിവരം കെട്ട ഭക്തിയാണ് ഇത്തരം വിവരക്കേടുന്ന കാരണമായി തീരുന്നു പക്ഷെ ശ്രുതി അതല്ല പറയുന്നത് നീ ഇവിടെ സമാവർത്തനം കഴിഞ്ഞാൽ പോകുന്നു അധ്യയനവും മീമാംസയും ഇനി പഠിക്കാനൊന്നും ബാക്കി വെച്ചിട്ടില്ല പോകുന്നു വേറിടത്ത് പോയി പഠിക്കാൻ വേണ്ടി സമാവർത്തനം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അതൊക്കെ പറഞ്ഞു അങ്ങനെ പോകുന്നവൻ വിദ്യയെ പൂർണ്ണമാക്കിയിട്ടാണ് പോകുന്നത് പക്ഷെ അങ്ങനെ പോയാലും കാലം കൊണ്ട് അതിന് ന്യൂനങ്ങൾ സംഭവിക്കാം സംശയങ്ങൾ വരാം സ്വന്തം ആചാരത്തിൽ പോലും സംശയം വരാം കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വരാം ഇതൊക്കെ ജീവസഹജമായ കാര്യങ്ങളാണ് വിദ്വാനായി അതുകൊണ്ടൊരാൾ പൂർണ്ണനാകുന്നില്ല ഒരു തരത്തിലും പൂർണ്ണത സാധ്യമല്ല വിദ്വാനിലെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഈ ശരീരവും മനസ്സും പഞ്ചഭൂതാത്മകമായ കരണങ്ങളിൽ ഇതുകൊണ്ടൊരിക്കലും ഒരു ജീവന് വ്യവഹാരത്തിൽ പൂർണ്ണത നേടുക സാധ്യത വ്യവഹാരം ഇപ്പോൾ അപൂർണമായി പറയുന്നു ഏതത്ര തസ്മിൻ ദേശീയ കാലയവ ബ്രാഹ്മണാഹ അവിടെയുണ്ട് ബ്രാഹ്മണന്മാർ യോഗ്യന്മാർ ആ ദേശകാലങ്ങളിലെല്ലാം ഉണ്ടാകും തത്ര കർമാതുയുക്താഹ സ്ഥിതി യുവതിന് സംബന്ധ കർത്തവ്യ അവിടെ സത്താചാരഷ്ഠന്മാരായിരിക്കുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ ചെയ്യിപ്പിക്കുന്നവർ അധ്യയനം അധ്യാപനം തുടങ്ങിയ വ്യജനം വ്യാജനം തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണർ ശ്രേഷ്ഠന്മാർ സമ്മർശന വിചാരക്ഷമാക്കാളും വിചാരക്ഷമതയുള്ളവർ ഒരു പക്ഷെ എന്നെക്കാളും വിചാരക്ഷമതയുള്ളവർ അതും പറയുന്നുണ്ടല്ലോ അസ്മത്ത ശ്രയാംസഹ എന്നെക്കാൾ ശ്രേഷ്ഠന്മാർ അങ്ങനെയുള്ളവർ യുക്ത അഭിയുക്ത കർമ്മണി വൃത്തിയവ ശ്രദ്ധിക്കണം അവരെന്താ ചെയ്യുന്നത് വേദം പഠിച്ചിട്ട് കുട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ല അങ്ങനെയുള്ളവരെ അടുത്ത് പോയി പിന്നെ വേദത്തെക്കുറിച്ച് സംശയം ചോദിക്കരുത് അഭിയുക്ത പഠിച്ചത് അതുപോലെ ചെയ്യുന്നവർ അത് ചെയ്യുമ്പോഴാണല്ലോ അത് തെളിഞ്ഞു വരുന്നത് കർമ്മണി അവർ പഠിച്ച കർമ്മങ്ങൾ അവരുടെ സ്വന്തം ആചാരം ഇതെല്ലാം പാലിക്കുന്നവർ പഠിച്ചിട്ടത് പാഴാക്കി കളഞ്ഞവരല്ല പഠിച്ചിട്ടങ്ങനെ ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉള്ളവരെ കണ്ടുപിടിക്കുന്നു ആയുക്ത പറയുന്നു അപരപ്രയുക്ത അപരപ്രയുക്തനായിരിക്കണം പരപ്രയുക്തനല്ലാത്തവൻ എന്നറു പരപ്രയുക്ത എൻ്റെ ചുരിക്ക് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രൻ അപരപ്രയുക്തനെന്ന് വെച്ചാൽ ഒരുതൻ സ്വതന്ത്രനാകുന്ന എങ്ങനെയാണ് ഒരാൾക്ക് എങ്ങനെ സ്വതന്ത്രനാകാൻ പറ്റും ജീവൻ പരതന്ത്രനാകുന്ന എന്തുകൊണ്ട് അറിവില്ലായ്മ അജ്ഞാനമാണ് ഒരുവനെ പരതന്ത്രമാക്കുന്നത് എന്നിന് ആ അജീവന്റെ പാരതന്ത്രം തന്നെ അജ്ഞാനം കൊണ്ടാണ് അത് കവിഞ്ഞ് ലൗകികമായ വ്യവഹാരത്തിനും ഒരുത്തൻ പരാധീനനായി പോകുന്നത് അവന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അപ്പം ജ്ഞാനത്തെ സംബന്ധിച്ചും കർമ്മത്തെ സംബന്ധിച്ചും ആചാരങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ അറിവുള്ളവൻ അവൻ മാത്രമേ സ്വതന്ത്രമുള്ളൂ അവൻ അവന്റെ ധർമ്മത്തെ കർമ്മത്തെ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്യുന്ന അനുകരിച്ചിട്ടോ അല്ലെങ്കിൽ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്മതപ്രകാരമൊന്നും ആയിരിക്കത്തില്ല ലോകം പറയുന്നത് ഇങ്ങനെ ചെയ്യണം അതുകൊണ്ട് ഞാൻ ചെയ്യാം ലോകം അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ലോകദൃഷ്ടിയിൽ കർമ്മം ചെയ്യുന്നവൻ സ്വതന്ത്രനല്ല എന്നറിയാം അവന് വൈദികമായ ജ്ഞാനമുണ്ട് പരമാർത്ഥ ജ്ഞാനമുണ്ട് ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു അതിനവന് ലോകരാശ്രയിക്കേണ്ട അജ്ഞന്മാരാശ്രയിക്കേണ്ട ഇല്ല നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വയം അജ്ഞനാണ് ഭൂരിപക്ഷം സംബന്ധിക്കുന്ന കാര്യം ചെയ്യും അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് ധർമ്മം സദാചാരം എന്നെല്ലാം പറയുന്നത് അജ്ഞരായ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിലുള്ള അപരപ്രയുക്തൻ അങ്ങനെയല്ല അവൻ വേദജ്ഞാനം കൊണ്ട് അതിനനുസരിച്ച് അവൻ ചെയ്യുന്നു ലോകം എങ്ങനെയാണ് അതൊന്നും അവന് പ്രശ്നങ്ങൾ ലോകം ചിലപ്പോൾ നിന്ദിച്ചെന്ന് വരാം സ്തുതിച്ചെന്നു വരാ അവനെ സംബന്ധിച്ച് അവൻ എന്താണ് ചെയ്യുന്നത് ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ സ്വതന്ത്രനായി ചെയ്യുന്നു സ്വന്തം അറിവിന്റെ വെളിച്ചത്തിൽ സ്വതന്ത്രമായി ജീവിക്കുക അതാണ് സന്യാസം എന്ന് പറയുന്നത് സന്യാസത്തിന്റെ സ്വതന്ത്രം എന്ന് പറയും അപരപ്രയുക്തനാകരുത് ഒരിടത്തും ആ അറിവെന്ന് പറയുന്നത് ഇവിടുന്ന് വേദത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ആ അറിവിൽ സ്വതന്ത്രനായിരിക്കുക ആ അറിവിന്റെ വെളിച്ചത്തിൽ ആയിരിക്കുന്ന അവന്റെ കർമ്മങ്ങൾ ആചരണങ്ങൾ എല്ലാം അല്ലാതെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് അത് സ്വാതന്ത്ര്യമല്ല അങ്ങനെയുള്ള ആചാര്യന്മാർ അടുത്ത് പോകണം എന്നർത്ഥം അപരപ്രയുക്തഹ പരപ്രയുക്തന്മാരല്ലത് അനൂക്ഷഹ അരൂക്ഷഹ അക്രൂരമതഹ അതുകൂടെ പറയുന്നു അതായത് സംശയം ചോദിക്കാൻ ചെല്ലുന്നവന് ആള് അല്പ സോഫ്റ്റ് ആയിരിക്കുന്നു എന്നിവിടെ പറയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അടിയുണ്ടാക്കി പിരിയേണ്ടി വരും അത് അറിവുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ട് അക്രൂരമത അക്രൂരമതിയായിരിക്കരുത് വിവരമുണ്ട് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ ഒന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുമാത്രമല്ല വലിയ ദേഷ്യക്കാരനാണ് ഒരു കാര്യം മനസ്സിലാക്കുക പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി അടിയിടാൻ പോകരുത് കാര്യങ്ങൾ മനസ്സിലാകാത്തതിന്റെ മനഃപ്രയാസത്തോടുകൂടി മടങ്ങി വരേണ്ടിയും വരും അതുകൊണ്ട് വളരെ പ്രായോഗികമായി നിർദ്ദേശിക്കണം ആദ്യം ആളിനെ അടുക്കം മുമ്പ് സൂക്ഷിക്കുക ആള് ശാന്തസ്വഭാവിയാണോ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും അങ്ങനെയാണെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ എന്താണ് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആചാര്യനോ നാണക്കേടാവും തൻ്റെ ശിഷ്യൻ വേറെ അടുത്ത് പോയി തന്നെ ഉണ്ടാക്കി എന്നല്ല അതുകൊണ്ട് പറയാണ് അടുത്ത് പോകരുത് വഴക്കുണ്ടാക്കാൻ പോകരുത് അക്രൂരമതഹ ധർമ്മകാമാഹ അധിഷ്ഠാർത്ഥിനോ അകാമഹതാഹ ധർമ്മകാമാഹ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ താൻ അറിഞ്ഞതും പഠിച്ചതുമെല്ലാം പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവൻ എന്നുവെച്ചാൽ അതിൻ്റെ ഭാഗമാണല്ലോ പ്രവചനം അപ്പോൾ ആ പ്രവചനം അത് മറ്റുള്ളവനത് ബോധിപ്പിക്കണം എന്ന് താൽപ്പര്യമുള്ളവൻ ലോകത്ത് ധർമ്മം നിലനിൽക്കണം ഇതറിഞ്ഞ് അനുഷ്ഠിക്കണം എന്ന് താല്പര്യമുള്ളവൻ ധർമ്മകാമൻ അധിഷ്ഠാർത്ഥിന ഈ ലൗകികമായ ഫലങ്ങൾക്ക് അപ്പുറമുള്ള ഫലത്തെ അധിഷ്ഠമായ ഫലത്തെ അർത്ഥിക്കുന്നവൻ എന്ന് പറയുമ്പോൾ വേദത്തിലും വൈദികമായ കർമ്മങ്ങളിലും എല്ലാം ശ്രദ്ധയുള്ളവൻ ഇത് മനസ്സിലാക്കണം ഇതെല്ലാം പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾ ഉദ്ദേശിച്ച മുഖ്യമതാണ് അവിടെ അധിഷ്ഠാർത്ഥിയായിരിക്കുന്ന ശ്രദ്ധ വേണം വിശ്വാസം വേണം യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന കാര്യത്തിൽ സംശയമുള്ളവനായിരിക്കത്തില്ല ആ കാമഹതാഹ കാമ കൊണ്ട് ഹതനായവരായെങ്കിൽ അത് പ്രത്യേകം പറയുന്നത് എന്താണ് ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ കാമനയുള്ളവൻ്റെ അടുത്ത് പോകരുത് ശിഷ്യ വിത്താപഹാരി ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കുന്ന അങ്ങനെയുള്ള ഗുരുവിൻ്റെ അടുത്ത് ചെല്ലരുത് ദോഷം ചെയ്യുന്നവർ കാമം കൊണ്ട് ഹനിക്കപ്പെട്ടവൻ അവനൊരുപാട് ആഗ്രഹങ്ങളുണ്ട് കൊള്ളാം ഒരു ശിഷ്യം വന്നു എന്നാൽ ഇവന് നമുക്ക് ഉപയോഗിച്ച് കളയാം എന്നുള്ള സ്വാർത്ഥ വിചാരത്തോടു കൂടിയിരിക്കുന്ന പിന്നെ ഗുരുവായി സ്വീകരിച്ച് ആചാര്യനായി സ്വീകരിച്ച് വിദ്വാനാണെങ്കിലും ശരി അടുത്ത് പോകരുത് നഷ്ടം വരും അത് സംഭവിക്കരുത് അമഹതാഹ കാമ കൊണ്ട് ഹനിക്കപ്പെട്ടവനായിരിക്കരുത് അവൻ അറിവിൽ പൂർണ്ണനായിരിക്കണം ആചാരത്തിൽ പൂർണ്ണനായിരിക്കണം ക്രൂരനായിരിക്കരുത് സ്നേഹമുള്ളവനായിരിക്കണം അതിനെ വിപരീതപ്പെടുത്തണം ക്രൂരനായിരിക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് സ്നേഹമുള്ളവനായിരിക്കണം എന്നാ വിത്യേത സി ഹു ഭവു അങ്ങനെയൊക്കെയുള്ളവര് ബ്രാഹ്മണനെ സമീപിച്ച് അവനിൽ സംശയങ്ങളെല്ലാം പരിഹരിച്ചു കൊണ്ടും ദൂരം വരേണ്ട കാര്യമില്ല അവിടെ അടുത്ത് കാണും എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം ബ്രാഹ്മണ തൃത്തേവർ അവിടെ ആ ബ്രാഹ്മണർ ഏത് രീതിയിലാണോ തസ്മണി വൃത്തിയ വർത്തേരൻ ആ കർമ്മത്തിൽ അവരുടെ ആചരണങ്ങളിലെല്ലാം മുഴുകിയിരിക്കുന്നത് തഥാ ത്വമി വർത്തേഹ അതുപോലെ നീ വർത്തിക്കുക നീ അതുപോലെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ രീതികളിൽ നിന്നും ഈ ഗുരുകുലത്തിലുള്ള രീതികളിൽ നിന്നും ചിലപ്പം വ്യത്യാസങ്ങളൊക്കെ അവിടെ കണ്ടെക്കാം അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നൊന്നും വാശി പിടിക്കരുത് യഥാ ഏനപ്രകാരേണ ബ്രാഹ്മണ തത്ര അവിടെ ആ ബ്രാഹ്മണർ ദേശകാലോചിതം എന്ന് പറയുള്ളു കാലോചിതം മാത്രമല്ല ദേശോചിതമായും ധർമ്മത്തെ അനുഷ്ഠിക്കണം ഉത്തരദേശത്ത് ധർമ്മമല്ല ദക്ഷിണദേശത്ത് ധർമ്മം മാറുന്നുണ്ട് ദേശഭേദം കൊണ്ട് അതുകൊണ്ട് പറയുന്നു ഇവിടുത്തെ ഈ കുലത്തിൻ്റെ പാരമ്പര്യമാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് പക്ഷേ അവിടെ മറ്റൊരു പരമ്പരയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ മടിക്കണ്ട വാശി പിടിക്കണ്ട നല്ലതിനെവിടെയും സ്വീകരിക്കാം ഏനപ്രകാരണ തത്ര വർത്തകനെന്ന് പറയുന്നതാണ് അവിടെ ഏത് തരത്തിലാണോ സ്വീകരിച്ചിരിക്കുന്നത് തഥാത്വം അഭിവർദ്ധിക്കുക അപ്പോൾ എത്ര വിശാലമായിട്ടാണ് എത്ര ഉദാരമായിട്ടാണ് യാതൊരു സങ്കുചിതത്വവും ഇല്ലാതെയാണ് സ്വാർത്ഥതയില്ലാതെയാണോ ശ്രുതി ഏത് ഉപദേശിക്കുന്നത് നോക്കുക ഒരു മനുഷ്യനിങ്ങനെ ഉപദേശിക്കാൻ പ്രയാസം ശ്രുതിക്ക് ഇത്രയും വലിയ വിശാലത ശ്രുതിയിലെ വരത്തു മനുഷ്യൻ വ്യാഖ്യാനിച്ചു നോക്കണ്ട അവിടെ സങ്കുചിതം കൊണ്ടുവന്ന നക്ഷത്രീയാലയ അതാണ് മനുഷ്യൻ ചെയ്യുന്നത് ദോഷം ശ്രുതിയിൽ അഥ അഭ്യാതെയു അഭ്യുക്തോണ സംയോജിത കഴിച്ച് ഉപന്നേ തറയുന്നു അങ്ങനെ നീ ആചാര്യന്മാർ സമീപിക്കുമ്പോ അഥ അഭ്യാഖ്യേഷ അഭ്യുക്തോഷേണ സന്തിഹ്യമാനെയ സംയോജിതാക്കിയതിഷിച്ച അത് രണ്ടു തരത്തിലും വരാം സന്ദേഹം വരിക എന്ന് പറയുന്നത് ശിഷ്യനിലും വരാം സന്ദേഹം പ്രമാദം കൊണ്ട് ആചാര്യന്മാരിലും വരാം സന്ദേഹം അപ്പോ ആചാര്യന്മാരിൽ സന്ദേഹമുണ്ടെങ്കിൽ അവിടെ നീ എന്ത് ചെയ്യണം ആ സന്ദേഹത്തെ അല്ല സ്വീകരിക്കേണ്ടത് സന്ദേഹമുള്ള ആചാര്യനിൽ നിന്നും സന്ദേഹത്തെ സ്വീകരിക്കുക ഉറപ്പുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോയി അവരുടെ ഉറപ്പിനെ സ്വീകരിക്കുക അതാണ് അങ്ങനെയുണ്ടല്ലോ പ്രമാദമുണ്ട് ഒരു പക്ഷെ ഒരാചാര്യ സന്ദേഹം വന്നു അപ്പം സന്ദേഹമുള്ള കാര്യം ഇനി അത് സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് സന്ധിഹ്യമായി കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇനി ചെയ്യുന്നത് വ്യക്തമായിട്ടായിരിക്കണം ഉറപ്പായിട്ടായിരിക്കണം കാരണം കർമ്മം പൂർണമാകണം കർമ്മ പൂർത്തിയെ ഫലത്ത് കൊടുത്തു എന്ന് പറയുന്നു അത് അഭ്യാഖ്യാദേശു അഭിക്ത ദോഷേണ സന്ധിഹ്യമാനേന സന്ദേഹദോഷം സംയോജിതാഗേന ആരുടെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ദേഷിച്ച യഥോക്തം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനുശേഷം പറയുന്നു തത്ര ബ്രാഹ്മണാഹ സമ്മർശിനും മുമ്പ് പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കണം വിചാരക്ഷമാ അത് വേണം എന്താണ് വിചാരക്ഷമനായിരിക്കണം ആചാര്യൻ എന്നറിഞ്ഞു വിചാരം എന്താണ് ഗുരുവരത്തിന്ന് പഠിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗുരുവുലത്തിൽ നിന്ന് വിചാരം ചെയ്തു ഇതെല്ലാം ബുദ്ധിയെല്ലാം ഉറച്ചെങ്കിലും പുറമേ ചെന്ന് പ്രായോഗികമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംശയങ്ങൾ വരും ആ സംശയങ്ങൾ പിന്നെ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് പോയി പരിഹരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പരിഹരിക്കാൻ പോയാൽ പിന്നെ എപ്പോഴും അതിന് സമയം വരും ഗുരുവിൻ്റെ അടുത്ത് പോവുക തിരിച്ചു വരിക ഗുരുവിൻ്റെ അടുത്ത് പോകാതെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലാക്കിയ സമയം കളേണ്ടി വരും കാരണം ഇയാൾക്ക് എപ്പോഴും സംശയം കാണും എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് പോകും അതല്ല അവിടെ എന്ത് ചെയ്യണം വിചാരക്ഷമത സ്വയം ഉണ്ടാക്കിയെടുക്കണം ഗുരു പറഞ്ഞതിൻ്റെ താല്പര്യത്തെ തെളിയിച്ചെടുക്കാനുള്ള വിചാരക്ഷമത വേണം അതില്ലെങ്കിൽ വിചാരക്ഷമതയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി അടുത്ത് തന്നെയുള്ളവരെ കണ്ട് അത് പരിഹരിച്ചോണം പക്ഷെ ആചാര്യൻ വിചാരക്ഷമനായിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന സംശയങ്ങളെ സ്വയം പരിഹരിക്കാൻ കഴിവുള്ളവനായിരിക്കണം എന്നത് ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമുള്ള സംശയം അതാണ് ജാരുക്ഷണത അതാണ് യഥോക്തം സർവയെ ധർമ്മകാമാഹ അവൻ ധർമ്മകാമനായിരിക്കണം അതുപോലെ ഉള്ളാചാര്യനെ സമീപിച്ച് വേണ്ടതെല്ലാം നേടണം തത്രി ഇത്യാദി യേശോ ആദേശോ വിധി ഇതാണ് വിധി കർമ്മത്തെ സംബന്ധിച്ച് ഉപാസനയെ സംബന്ധിച്ച് സദാചാരത്തെ സംബന്ധിച്ചൊക്കെ വിധിയാണ് വേദം നിർദ്ദേശിക്കണത് നീ അനുസരിക്കണം അതനുസരിക്കാതിരിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം ചെയ്തേ തീരും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദോഷം യേഷോപദേശ പുത്രാദിപ്യ പിത്രാദീന വേദത്തിനെ സംബന്ധിച്ച് ദാക്ഷി ഒന്ന് ഉപദേശിക്കണുസരിക്കുക അനുസരിച്ചില്ലെങ്കിൽ പറയുന്നു നരകം നരകപാതോർമ്മിക്കുന്നു പാപം ഉണ്ടാവും അനുസരിച്ചാൽ പുണ്യം അത് ആദേശം വിധി ഇനി ഉപദേശം അങ്ങനെയല്ല എന്താണ് പുത്രാദിഭ്യ പിത്രാദീന പിതാക്കളും മറ്റും പുത്രന്മാരോട് പറയുന്നത് പോലെ കാലു പിടിച്ച് പറയുന്നു നീ ഒന്നനുസരിക്കും എനിക്ക് വേണ്ടി ഇങ്ങനെ നീ ഇതൊന്ന് മനസ്സിലാക്ക എന്റെ ദുഃഖത്തെ കരുതി ഇങ്ങനെ നീ മനസ്സിലാക്കുക ഇന്നത്തെ ഗുരുക്കന്മാര് ശിഷ്യരോട് പറയുന്ന പോലെ ആദേശം പറ്റത്തില്ല വിധിക്കാൻ പറ്റത്തില്ല വിധിച്ചു കഴിഞ്ഞാൽ പറയും താൻ തന്നെ പണി നോക്കാൻ പറ്റും അതുകൊണ്ട് എന്തു കാലു പിടിച്ച് മക്കളെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ പറഞ്ഞാലേ അനുസരിക്കത്തുള്ളു വിധിക്കാൻ ഗുരുവിനൊന്നും അവകാശം പറയുന്നു അങ്ങനെ ആയാലും ഉപദേശമായാലും മതി കാലുപിടിച്ച് പറയുകയായിരുന്നു എങ്ങനെയെങ്കിലും ഇതുമെൻ്റെ തലയിൽ കയറിയാ പുത്രാദിത്യ പിത്രാദീന അതുപോലെ ആയാലും മതി അപ്പൊ ശ്രുതി രണ്ടു തരത്തിലും പറയും ശ്രുതിയെ സംബന്ധിച്ചത് ഉപദേശ ആദേശമാണ് പക്ഷെ ശ്രുതിയല്ലോ എപ്പോഴും ഉപദേശിക്കുന്നു ശ്രുതിയിൽ നിന്നത് ആചാര്യന്മാരിലേക്ക് പോകുന്നു ഗുരുക്കന്മാരിലേക്ക് പോകുന്നു അതുപിന്നെ പരമ്പരയിലൂടെ പോകുന്നു പുത്രാദി പരമ്പരയിലൂടെ ശിഷ്യാദി പരമ്പരയിലൂടെ എല്ലാ ഈ വിദ്യ പോകുന്നു എല്ലായിടത്തും ശ്രുതിയില്ല അപ്പോൾ പിതാക്കന്മാരിലും ഗുരുക്കന്മാരിലും ഒക്കെ വരുമ്പോൾ എന്താണോ അത് ഉപദേശമായി മാറുന്നു അവർ സ്നേഹപൂർവ്വം കാരണത്തോടു കൂടി അവരുപദേശിക്കുന്നു അങ്ങനെയാണ് യേഷ വേദോപനിഷത്ത്പനിഷത്ത് രഹസ്യം വേദാർത്ഥം എത്തിയത് ഇതാണ് വേദരഹസ്യം വേദോപനിഷത്ത് എന്റെ അർത്ഥം പറയുന്നു വേദരഹസ്യം ഉപനിഷത്ത് എന്ന് പറഞ്ഞ രഹസ്യം എന്നാണ് അർത്ഥം വേദോപനിഷത്ത് വേദം എന്നെ ഉപനിഷത്ത് എന്ന് ചോദിച്ചു വേദോപനിഷത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വേദരഹസ്യം എന്നാണ് നമ്മൾ സാധനത്തെ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുക ഈ ശബ്ദം വേദോപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വേദോപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നു വേദം തന്നെ ഉപനിഷത്ത് ഉപനിഷത്ത് തന്നെ വേദം അപ്പൊ അതിനെ പറയേണ്ട കാര്യമില്ല കോസ്റ്റർ തോണെന്ന് പറയുമ്പോൾ വേദോപനിഷത്തുക്കൾ എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ ശ്രുതിയിൽ വേദോപനിഷത്വം എന്ന് പറഞ്ഞപ്പോ ആ രീതിയിലല്ല നമ്മൾ പറയുന്ന അർത്ഥത്തിൽ പറയുന്നത് വേദരഹസ്യം ഉപനിഷത്തിനുള്ള രഹസ്യം എന്നാണ് അർത്ഥം എന്താണ് രഹസ്യം വേദാർത്ഥം വേദത്തിന്റെ താല്പര്യം വേദം ലോകത്തെ വേദം ബോധിപ്പിക്കുന്ന ഇതാണ് അപ്പം വേദത്തെ ആർക്കും നിന്ദിക്കേണ്ട കാര്യമില്ല നിന്ദനീയമായ ഒന്നും വേദത്തിലുണ്ട് വ്യാഖ്യാനിക്കുന്നവരാണ് വേദത്തെ നിന്ദനീയമാക്കുന്നത് അതാ വേദം സ്വയം നിന്ദനീയമായ ഒന്നുമില്ല വേദ ദൈവാനുശാസനം ഇതാണ് അനുശാസനം ഇതനുശാസനമാണ് അനന്ധിനീയമായ നിയമങ്ങൾ അതിനാണ് അനുശാസനം എന്ന് പറയുന്നത് അത് ലംഘിക്കാൻ പാടില്ല ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ് പക്ഷെ ജീവൻ അവന്റെ അജ്ഞാനം കൊണ്ട് ലംഘിക്കുന്നു അതും വേറെ കാര്യം എന്തുകൊണ്ടാണത് ഈശ്വരവചനം ഈശ്വരന്റെ വചനമാണ് വേദ ഈശ്വരൻ വിശ്വസിച്ചതാണ് ഈശ്വരൻ ഋഷിമാരുടെ ഉടൽ തോന്നിപ്പിച്ചതാണ് വേദം അതുകൊണ്ട് അത് വചനമാണ് അതിന് ഈശ്വര വചനമായി തന്നെ സ്വീകരിക്കുക അതിനെ നിന്ദിക്കരുത് അതിൽ അശ്രദ്ധ വരുത് ഗൗരവത്തെ കുറച്ച് കാണരുത് അതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത് ആദേശവാച്യ വിധേര നമ്മുടെ ആദേശ ശബ്ദത്തിന്റെ അർത്ഥമായ വിധി പറഞ്ഞിരിക്കുന്നു ഇതിനൊരു വിധിയായി സ്വീകരിക്കുക ഇതിന്റെ സാരത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിന് അക്ഷരം പ്രതി അനുസരിക്കുക എന്നാണ് പറയുന്നത് സർവേഷാംബ പ്രമാണഭൂതാന അനുശാസനം ഏത് സർവപ്രമാണങ്ങളുടെയും അനുശാസനം എന്നതല്ല സർവപ്രമാണങ്ങളും വേദത്തെ അനുസരിക്കുന്നു വേദ താൽപ്പര്യത്തെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രമാണമായി നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നു സ്മൃതികളെ സ്വീകരിക്കുന്നു ഇതിഹാസങ്ങളെ സ്വീകരിക്കുന്നു പുരാണങ്ങളെ സ്വീകരിക്കുന്നു അങ്ങനെ പലതിനും സ്വീകരിക്കുന്നു മഹാത്മാക്കളുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നു ഇത് ആ പ്രമാണങ്ങളെല്ലാം വേദ താല്പര്യമാണ് വേദ താല്പര്യമാണെങ്കിൽ എന്നെ സ്വീകരിച്ചാൽ മതി വേദവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ഏതാചാര്യൻ പറഞ്ഞാലും തള്ളിക്കളയണമെന്നാണ് ഇവിടെ ഭാഷകാരനും പറഞ്ഞിരിക്കുന്നത് വേദവിരുദ്ധമായി കണ്ട വേദ താല്പര്യത്തിന് വിരുദ്ധമായി കണ്ടുകഴിഞ്ഞു എല്ലാ ആചാര്യന്മാരുടെ ഉപദേശങ്ങളെയും വേദത്തിൻ്റെ വെളിച്ചത്തിൽ പരിശ്രമിക്കുന്നു ഇവിടെ പറയുന്ന ഈ ആചാര്യൻ പറയുന്നതായാലും ശരിവേദവിരുദ്ധമായി കണ്ടാൽ നമുക്ക് അത് ആചാര്യനോടുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല ആചാര്യന്റെ നിന്ദയല്ല അത് ശ്രുതിയുടെ അനുശാസനമാണ് കാരണം സർവപ്രമാണങ്ങളും ശ്രുതിയുടെ അനുശാസനമാണ് അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പ്രമാണമായല്ല അതിനെ തള്ളിക്കളയും അത് പ്രമാണമായി സ്വീകരിക്കണ്ട എന്നാണ് യസ്മാദേവൻ തസ്മാദേവം യഥോക്തം സർവം ഉപാസിതവ്യം കർത്തവ്യം അതുകൊണ്ട് ഇവിടെ ആചാര്യൻ ശിഷ്യനോട് അവസാനമായി പറയുന്നു ഞാൻ ഇതുവരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം നീ നല്ലവണ്ണം നിന്റെ മനസ്സിൽ സൂക്ഷിക്കുക വീട്ടിൽ മടങ്ങിപ്പോയി ഇതെല്ലാം ആദ്യം അക്ഷരം പ്രതി അനുസരിക്കുക കർത്തവ്യം ഇതാണ് നിന്റെ കർത്തവ്യം ഇവമോ ചെയ്തത് ഉപാസ്യം ചെയ്തെന്ന അനുപാസ്യം പറയുന്നു ഗുരു ശിഷ്യനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താണ് രാവിലെ അഞ്ചുമണിക്ക് എണീക്കണം അത് കഴിഞ്ഞിട്ട് ലളിതസഹസ്രനാമം ചൊല്ലണം പിന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് ശിഷ്യൻ വളരെ ഭക്തിയോടുകൂടി എല്ലാം ശിരസ വായിക്കുന്നുണ്ട് പക്ഷെ സൗകര്യം പോലെയായിരിക്കും ചെയ്യും ചിലപ്പോൾ റിയാം ശിഷ്യന്റെ സ്വഭാവം ഇതാണ് പണ്ടേ അറിയാം വേദത്തിനുകൂടി ഇവരും പിടി പിടിപാടുള്ളതാണ് അതുകൂടെ പറയുന്നത് ഇത് എപ്പോഴും ഇങ്ങനെയാണ് ഉപദേശം ഒരു വഴിക്ക് പോവും അതിൻ്റെ ആചരണം വേറൊരു വഴിക്ക് പോവും എന്തുകൊണ്ട് ജീവന്മാർ പ്രമാദ ദോഷദൂഷിതന്മാരാണ് ആ പ്രമാദത്തിൽ നിന്ന് മുക്തരാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഗുരുക്കന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുത്താലും അതനുസരിക്കത്തില്ല എന്തെങ്കിലും പറഞ്ഞ് സമാധാനിക്കാണോ ഓ ഇതിപ്പോൾ തൽക്കാലം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി എന്തെങ്കിലും തെറ്റുവന്നാലും ക്ഷമിക്കേണ്ട ആളെന്നെ ക്ഷമിച്ചോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വയം സമാധാനം കണ്ടെത്തും അവൻ്റെ ഒരു ആചാരം പറയും അങ്ങനെ കരുതരുത് എന്റെ സൗകര്യം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം സൗകര്യം പോലെ ചെയ്യാം സാഹചര്യം അനുസരിച്ച് സന്ദർഭമനുസരിച്ചൊക്കെ പ്രവർത്തിക്കാം എന്നുവെച്ചാൽ എനിക്കതിൽ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതരുത് അതില്ല അവിടെ നിർദ്ദേശിച്ചതിനെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹിച്ച അനുസരിച്ച് പ്രവർത്തിച്ച് തന്നെ തീർന്നു അതിൽ വീഴ്ച വരുത്താൻ പാടില്ല വീഴ്ച വരുത്തുന്നത് ദോഷമാണ് അതാ ജീവന്റെ പതനത്തിന് കാരണമാണ് അല്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മളൊക്കെ കരുതുന്നത് പോലെ ഓ അതെനിക്ക് വേണ്ടി പറഞ്ഞായിരുന്നോ മറ്റവന് വേണ്ടി പറഞ്ഞു എന്നെങ്ങനെ ധരിക്കുകയോ എന്നാ എടുക്കോ ഞാൻ ചെയ്യണ്ടല്ലോ ഇവിടെ ചെയ്യേണ്ട ചില അജ്ഞന്മാരുണ്ടവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എന്നെപ്പോലുള്ള ജ്ഞാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ഉപദേശങ്ങളൊന്നും ഇവിടെ തരുത്തില്ല ഇങ്ങനെയൊക്കെ പല രീതിയിലും ഇതിന് സമാധാനം കണ്ടെത്താം അത് പാടില്ല പറയുന്നു ഏത് ഉപാസ്യം പറയുന്നു ഉപാസ്യമേവാ ചെയ്തു തന്നെ തീരണം ഇത് നിനക്ക് വേണ്ടി പറഞ്ഞത് തന്നെ വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞതല്ല നീ തന്നെയാണ് ചെയ്യേണ്ടത് നീ ചെയ്തില്ലെങ്കിൽ അതിന് ദോഷം വരും എന്ന മനോഭാവത്തിലാണ് വേദം ഉപദേശിക്കുന്നത് ഗുരുപദേശിക്കുന്നത് അതിൽ നിന്നും ഒരുവന് നേരെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അണകിട അതിനൊന്നും പരിചരിക്കാൻ പാടില്ല പക്ഷെ ഒന്നുകൊണ്ട് അതിൻ്റെ സാരത്തെ ഗ്രഹിച്ചിട്ടായിരിക്കണം ഏതെന്ന അനുപാസ്യം ഇത് വിട്ടുകളയരുത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും നീ വിട്ടുകളയരുത് ചെയ്യാതിരിക്കരുത് ഇത് ആന്തരാർത്ഥം പിന്നർ ശ്രദ്ധ അതിനുവേണ്ടി വീണ്ടും വീണ്ടും പറയുകയാണ് ആർക്കെ ശ്രദ്ധ വരണം ഈ കേൾവിക്കാരന് ശിഷ്യന് അവനീ പറഞ്ഞ വൃത്തത്തിനും കർമ്മത്തിനും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവണം അത് ഉറപ്പിച്ചു പറയുകയാണ് താൻ പറഞ്ഞതിന്റെ പോരായ്മ കൊണ്ട് ഇവൻ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് വന്നാലോ അത് വരാൻ പാടില്ല അത്രയും ഉറപ്പിച്ചു പറയുന്നു പുനർവചനം വേദം അനൂച് ആചാര്യോ അന്തേവാസിനം അനുശാസ്തി സത്യം മദധർമ്മം ചധ്യയാദ പ്രിം ധനമാഹൃത്യ പ്രജം മാ വിവത് ശ്രീ സത്യാന്നാ പ്രമദിതയം കുശലന്ന ഭൂത്തിന പ്രമദിതം സ്വാധ്യായവചനം പ്രമദിതം ദൃകാരാഭ്യം നമദിതം മാതൃദവോഭവ പദോഭവ ആചാര്യോഭവിദോഭവ്യനവദ്യർമാണി താ സേവിതാസ്മാക്കം സുചരിതായ കമ്രേയാംസുബ്രാഹ്മണ Asmat te അസ്മ്രേയാംസോ ബ്രാഹ്മണ തെറ്റന പ്രശ്വസിശ്രദ്ധയായം ഹ്രിം യായം സംവിധാ कर्म चिकित्सा ये त्राह्मण सम्मिनतायुक्तालोक्षाधर्मकाु यहां तथा वैधा അത്ഭ്യാഖ്യാഷന്ത്ര സമ്മർശന യുക്താ അലവക്ഷാദ്ധർമ്മകാ സ്യുത വർ തേ വേ ആശോപദേശ വേദോപനിഷത് ുശാസനം യമ ഉപാസിതയുതദുപാസ്യം സംവരുണ സംോ ഭത്തല്യ സംനുന്ദ്രോ ബൃഹസ്പതി വിഷുരരുക്കമ നമോ ബ്രഹ്മണേ നമസ്തേ വായു તમેવ પ્રત્યક્ષં બ્રહ્માસ્મિ તમેવ પ્રત્યક્ષં બ્રહ્માસ્મિ ત્વામેવ પ્રત્યક્ષં બ્રહ્માવાદિષં પરદમવાદિષં સત્યમવાદિષં તન્મામા વિદ તદ્વક્તારમા વિદ અવિનમ ന്ത്രം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് പക്ഷെ ഇവിടെ ഒരല്പം വ്യത്യാസം ശബ്ദത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അർത്ഥത്തിലല്ല തന്മാസം അർത്ഥത്തിൽ വ്യത്യാസം അതേ അർത്ഥം തന്നെ അതീത വിദ്യാപ്രാപ്തി ഉപസർഗം ശാന്തി പഠതി അതീത വിദ്യ ഇതുവരെ പറഞ്ഞ വിദ്യ അതിന്റെ പ്രാപ്തിക്കുള്ള ഉപസർഗങ്ങൾ ദിനങ്ങൾ അതിന്റെ ശമനാർത്ഥം അതിന്റെ ശമനത്തിന് വേണ്ടി ശാന്തി ഇവിടെ പഠിക്കുകയാണ് വ്യാഖ്യാത പറയുന്നു ഇത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് തരം ശാന്തിമന്ത്രം തുടക്കത്തിൽ അവസാനം പറയുന്നു തുടക്കത്തിൽ പറയുന്നത് എന്താണ് ഇനി താനും ഗ്രഹിക്കാൻ പോകുന്ന വിദ്യക്കുള്ള വിഘ്നങ്ങൾ ഉപശമനത്തിന് വേണ്ടി പറയുന്നു താനത് ഗ്രഹിച്ചു ഗ്രഹിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിനും വിഘ്നങ്ങൾ വന്നുചേർന്നു ഗ്രഹണത്തിൽ വന്ന വിഘ്നങ്ങൾ കൊണ്ട് ആഗ്രഹണം പൂർണ്ണമായില്ല അതിൻ്റെ വശം ആ പാപത്തിൻ്റെ നാശം അതുകൊണ്ട് ഇനി തുടർന്ന് വിദ്യ പൂർത്തിയാകും അതിനുവേണ്ടി വീണ്ടും ആ ശാന്തി മന്ത്രത്തെ ഇവിടെ ജപിക്കുന്നു എന്നാണ് ഭക്ഷ്യക്കാരനെ അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇനി അടുത്ത് ഭാഗം ആത്മവിദ്യയെക്കുറിച്ച് തന്നെ വ്യക്തമായി പറയുന്നതാണ് എന്നാൽ അതിനുമുമ്പായിട്ട് ഭാഷകന് സാധാരണ ചെയ്യാനുള്ളത് എന്നാണോ കർമ്മ സമുച്ചയം സാധാരണ കർമ്മം പറയുന്ന വ്യത്യസ്തമായിട്ടിവിടെ ജ്ഞാനകർമ്മ സമുച്ചയം കേവലം കർമ്മ വിദ്യത്തിന് കാരണമല്ല വിദ്യ ദോണവും കർമ്മ മുഖ്യവുമായി വരുന്നു ജ്ഞാനകർമ്മ സമുച്ചയം അത് ജ്ഞാനത്തിന് കാരണമല്ല കർമ്മം മുഖ്യവും വിദ്യ അപ്രധാനവുമായി വരുന്നതെന്ന് തിരിച്ച് വിദ്യ മുഖ്യവും കർമ്മം അപ്രധാനമായി വരുന്നത് ഇത്തരത്തിലെല്ലാമുള്ള ജ്ഞാനകർമ്മ സമുച്ചയം അത് മോക്ഷത്തിന് കാരണമല്ല മറിച്ച് കർമ്മം മോക്ഷത്തിന് കാരണമാണ് പരമ്പരയ ജ്ഞാനും മോക്ഷത്തിനു കാരണമാണ് സാക്ഷാ ഈ കാര്യങ്ങളെല്ലാം അന്നടത്ത് വരുന്ന ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നു